ആത്മാവ്ഞാന രൂപമാണ് അത് സത് രൂപമാണ് ജ്ഞാനം എന്ന് പറയുന്ന സ്വയം പ്രകാശവും അപ്രോക്ഷമാണ് ജ്ഞാനത്തെക്കുറിച്ചുള്ള ബോധമുണ്ട് അസമേത ആനന്ദമാണ് ആനന്ദത്തെ അറിയുന്നില്ല ആനന്ദരൂപത്തിൽ അറിയുന്നില്ല തന്നെ അറിവാണ് താൻ അപ്പൊ അറിവ് എന്ന ബോധമുണ്ട് അറിവിനെ കുറിച്ചും ബോധ്യൂ തന്നെ അറിവെന്ന് വേണമെങ്കിൽ പറയാം ഞാൻ അറിവാണ് അത് ആനന്ദമാണല്ലോ കൃഷി ആനന്ദമാണെന്ന് പറയാൻ പറ്റുന്നില്ല ദുഃഖമുണ്ട് പറഞ്ഞത് ഇതിന് വേർതിരിച്ചറിയാൻ പറ്റുന്നു അഭാതി ഗ്രഹീതായവൻ ആ ഭാതി വേർതിരിച്ച് അറിയാൻ പറ്റുന്നത് എങ്ങനെയാണോ അറിവിനെ അറിയുന്നത് അതുപോലെ ആനന്ദത്തെ അറിയാൻ പറ്റുന്നു അപ്പോ അങ്ങനെ വേർതിരിച്ചറിയണമെങ്കിൽ തന്നെ ഒന്നിന് രണ്ടായിട്ട് അറിയണമെങ്കിൽ അവിദ്യയാണ് പക്ഷെ അതങ്ങനെ അറിയാൻ പറ്റില്ല എന്നാൽ പിന്നെ അറിവായിട്ടറിയുമ്പം ആനന്ദമായിട്ടും അതുപോലെ അറിയണ്ടാണല്ലോ വേർതിരിച്ചറിയുന്നു അപ്പൊ അതിന് അധ്വീതികൾ പല സമാധാനങ്ങളും പറയുന്നുണ്ട് ഒന്ന് പറയുന്നത് ഈ അറിവ് സ്വയംപ്രകാശമായ അറിവ് അപരോക്ഷമായിരിക്കുന്ന അറിവ് അതിനെയാണ് സാക്ഷിയെന്ന് പറയുന്നത് ഉള്ളിൽ ആ അറിവ് സാക്ഷിരൂപത്തിൽ ഇരിക്കുന്നത് അപ്പോ ആ സാക്ഷിരൂപത്തിൽ അതിങ്ങനെ പ്രകാശിക്കുന്നതിന് അതിനാവരണമൊന്നുമില്ല അതിനവിദ്യയില്ല ഒന്നും മറച്ചിട്ടില്ല അതുകൊണ്ടാണ് ആ അറിവായി പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നത് ഉള്ളിൽ സാക്ഷി എന്ന് പറയുമ്പോൾ എന്തൊരു സാക്ഷിയാണ് അന്ധകരണത്തിലെ സുഖദുഃഖാദികൾക്കൊക്കെ സാക്ഷിയന്ധകരണത്തിൽ സുഖം ദുഃഖം ജ്ഞാനം എല്ലാം ഉണ്ട് ഘടജ്ഞാനം പടജ്ഞാനം പുസ്തകജ്ഞാനം എന്നൊക്കെ പറയുന്നിടത്തും ജ്ഞാനത്തെയും അറിഞ്ഞുകൊണ്ടിരിക്കുന്ന സാക്ഷിയാണ് സുഖത്തെ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന സാക്ഷിയാണ് ദുഃഖത്തെ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന സാക്ഷിയാണ് സാക്ഷിയെ ഒന്നും ആവരണം ചെയ്യുന്നില്ല ജ്ഞാനരൂപത്തിലുള്ള സാക്ഷി അത് സുഖ ദുഖാദികൾക്ക് സാക്ഷിയായതുകൊണ്ടാണ് അതിനെ സാക്ഷി എന്ന് പറയുന്നത് സുഖദുഃഖാദികളും അതുപോലെ തന്നെയാണ് അതിനെ ഒന്നും മറച്ചു വയ്ക്കുന്നുണ്ട് സുഖദുഃഖാദികളൊക്കെ അന്ധകരണത്തിന്റെ വൃത്തികളാണ് പരിണാമമാണ് സാക്ഷി എന്ത് ചെയ്യുന്നു അന്ധകരണ സുഖമായോ ദുഃഖമായോ ഒക്കെ പരിണമിക്കുമ്പോൾ സാക്ഷി തന്നെ അറിയുന്നു അല്ലെങ്കിൽ സാക്ഷിതിനെ പ്രകാശിപ്പിക്കുന്നു സോതുക്കാദികളൊക്കെ സാക്ഷിഭാസ്യം എന്ന് പറയും എന്നുവെച്ചാൽ അതിനെ അറിയുന്നതിനും പിന്നെ വേറൊരു വൃത്തിയുടെ ആവശ്യം സാക്ഷി എന്ന് അതിനെ പ്രകാശിപ്പിക്കുന്നു പിന്നെ അവിടെ വൃത്തി ഉണ്ട് എന്നൊക്കെ പറയുന്ന പക്ഷമുണ്ട് പൊതുവേ പറയുകയാണെങ്കിൽ സൂതൃത്വികളിലാണ് സാക്ഷിവാസികൾ അതുകൊണ്ട് അതും എപ്പോഴും അനാവൃതമായിരിക്കണം ആവരണം ചെയ്തിട്ടില്ല എന്ന് സാക്ഷി കാരണം അന്ധകരണത്തിൻ്റെ ഒരു സുഖപരിണാമം വന്നു കഴിഞ്ഞാൽ ആ സാക്ഷിക്ക് അറിയാതിരിക്കാൻ പറ്റും സുഖമുണ്ടാവുക നമ്മൾ അറിയാതിരിക്കുക അത് പറ്റത്തില്ല ദുഃഖം ഉണ്ടാവുക അറിയാതിരിക്കുക ഞാൻ അത് സംഭവിക്കുന്നത് എന്റെ ഉള്ളിൽ സുഖവും ദുഃഖവും വന്നാൽ ഞാൻ അറിയും എന്നുവെച്ചാൽ ഞാൻ അറിയെന്ന് പറഞ്ഞാൽ എന്റെ ഉള്ളിലേക്ക് സാക്ഷി അതിനെ പ്രകാശിപ്പിക്കുക ഇപ്പോ എന്റെ അന്ധകരണത്തിൽ സുഖം വന്നാലേ ഞാൻ അറിയും പക്ഷെ ഞാൻ സുഖസ്വരൂപനാണ് അതിനെ എനിക്കറിയാൻ പറ്റുന്നില്ല ഞാൻ ആനന്ദമാണെന്ന് അറിയാൻ പറ്റുന്നില്ല എന്നാൽ പിന്നെ ഇവിടെ പ്രശ്നമൊന്നുമില്ല ദുഃഖമില്ല അതെന്തുകൊണ്ട് പറയുന്നു ആനന്ദത്തിനാവരണമാണ് തന്റെ സ്വരൂപമായിരിക്കുന്ന ആനന്ദത്തിനാവരണമില്ല തന്റെ സ്വരൂപമായിരിക്കുന്ന ജ്ഞാനത്തിന് ആവരണമില്ല ും എന്തുകൊണ്ട് ആനന്ദത്തിന്റെ അനുഭവം ഉണ്ടാകുന്നില്ല എന്നുള്ളതിന് അദ്വൈതി പറയുന്ന ഉത്തരമാണ് സ്വയം അറിയാനുണ്ടെന്ന് പറയണം ആനന്ദത്തിനാവരണമുണ്ട് സ്വയം അറിയാനുണ്ട് ആനന്ദം ഞാൻ ആനന്ദമാണ് എന്തുകൊണ്ടറിയുന്നില്ല ആനന്ദത്തിന് ഞാൻ ജ്ഞാനമാണ് അതിനെ ഞാൻ എന്തുകൊണ്ടറിയുന്നു അവിടെ ആവരണമില്ല ജ്ഞാനത്തിന് മറച്ചു വയ്ക്കാൻ പറ്റത്തില്ല എന്നുവെച്ചാൽ വെളിച്ചത്തിന്റെ മുമ്പിൽ ഇരുട്ടിനിരിക്കാൻ പറ്റില്ല എന്തിനാ വരണം ഉണ്ടെന്നാണ് പറഞ്ഞത് ശരി പിന്നെന്താ സംശയം ഞാൻ പറഞ്ഞില്ല ഞാൻ കേട്ടിട്ടില്ല എവിടെന്നു കേട്ടത് എന്നും പറഞ്ഞിട്ടില്ല എന്നും ഞാൻ പറഞ്ഞില്ല കേട്ടിട്ടില്ല ആരും ഞാൻ പറഞ്ഞു എന്നാ അത് ചോദിക്കണം അങ്ങനെ പറഞ്ഞു അങ്ങനെ ചോദിക്കണം ആനന്ദസ്വരൂപമാണോ താൻ പക്ഷെ എനിക്ക് ആനന്ദാനുഭവം ഇല്ല അറിവ് ഇതിനെ കുറിച്ചിട്ട് എനിക്ക് എങ്ങനെയാണോ ബോധം ഉള്ളത് താൻ അറിവ് എന്നറിയില്ല അറിവിനെ കുറിച്ച് എനിക്ക് ബോധമുണ്ടല്ലോ അറിവെന്നുള്ള ബോധം ഉണ്ടല്ലോ നമ്മുടെ കൂടെ അതുപോലെ ആനന്ദോ എന്നുള്ള ബോധമില്ലാത്തത് അതിനെ മറച്ചിരിക്കുന്നു അജ്ഞാൻ ആ വിദ്യ മറച്ചിരിക്കുന്നു പിന്നെ അന്ധകരണത്തിൽ അങ്ങനെ ഈ ആനന്ദം പറയുന്നത് നമ്മുടെ അന്ധകരണം ശുദ്ധ സാത്വികമാകുമ്പോ ശുദ്ധസാത്വിക ഈ ആനന്ദമായ ആനന്ദരൂപനായിരിക്കുന്ന ആ സാക്ഷിയുടെ പ്രതിയും പാതി പതിവാണ് അദ്വൈതികളുടെ പ്രക്രിയയാണ് ഇതൊക്കെ അദ്വൈതികള് പറയുന്നു ഞാൻ പറയുന്നേ ആനന്ദം എങ്ങനെ അനുഭവപ്പെടുന്നു എന്ന് പറയുന്നു അന്ധക്കണ്ണത്തിലെപ്പോഴാണോ ശുദ്ധമായ സാത്വികമായ പരിണാമം നടക്കുന്നത് ഇപ്പൊ എന്ത് ചെയ്യുന്നു സാക്ഷിരൂപത്തിലിരിക്കുന്ന ആ ആനന്ദം അതിലേക്ക് പ്രതിബിംബിക്കും പിന്നെ ജ്ഞാനത്തിന് ആഭരണമില്ല ആനന്ദത്തിന് ആഭരണം വരുന്ന എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ വെളിച്ചം ഇവിടെ ഒരു മെഴു തിരി കത്തിച്ചു വെച്ച് ചെറിയ വെളിച്ചം അല്ലെങ്കിൽ ഇരുട്ടുകൊണ്ട് മറയ്ക്കാൻ പറ്റൂ അതുകൊണ്ട് ജ്ഞാനത്തിനും ആവരണം ഉണ്ടാക്കാൻ പറ്റത്തില്ല മറ്റേതിനും ഇപ്പൊ ഫ്ലാസ്റ്റിനെ എനിക്ക് മറച്ചു വയ്ക്കാൻ പേര് ഏതിനും എനിക്ക് മറച്ചു വെക്കാൻ പറ്റും ഒരു കാര്യം ഒന്നിനൊഴി ഏതിനെ ജ്ഞാനത്തിനും മറച്ചു വയ്ക്കാൻ പറ്റത്തില്ല ആനന്ദത്തെ നമ്മൾ അറിയുന്നുണ്ട് അല്ല നമ്മള് സുഖത്തെ അറിയുന്നുണ്ട് പക്ഷെ ആ സുഖം എന്ന് പറയുന്നത് എന്താണ് വൃത്തി എന്തൊക്കെ വൃത്തിയാണ് അറിയുന്നത് ആത്മാവായിരിക്കുന്ന ഒരു സുഖമുണ്ട് അങ്ങനെ നമ്മളറിയുന്നു എന്തുകൊണ്ട് കുറേ ആവരണം പറയുന്നത് ആ വിദ്യാഭരണം ജ്ഞാനത്തിന് മറക്കാൻ പറ്റാത്തോണ്ട് നമ്മുടെ ഉള്ളിൽ സദാ ജ്ഞാനം ഇങ്ങനെ സ്ഫുരിച്ചുകൊണ്ടേ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോ ഈ ഉള്ളിലിരിക്കുന്ന ജ്ഞാനം അന്ധകരണത്തിലെ സുഖദുഃഖാദികളെയൊക്കെ പ്രകാശിപ്പിക്കുന്നുണ്ട് അനുഭവപ്പെടുത്തുന്നോണ്ട് അതിനെ സാക്ഷിന്നുകൊണ്ടിരിക്കുന്നു എന്തിനാണ് സാക്ഷിന്നുകൊണ്ടിരിക്കുന്നത് എന്തിനു സാക്ഷി സുഖ ദുഃഖാദികൾക്ക് അന്ധകരണത്തിൽ നടക്കുന്ന സുഖദുഖാദി കാര്യങ്ങൾക്ക് സാക്ഷിക്കുന്നു പൗഡസ് പതുക്കാതിയുടെ സാക്ഷ്യം എന്ന് പറയും അതൊക്കെ സാക്ഷ്യമാണ് തുള്ളിലിരിക്കുന്ന സാക്ഷ്യം ഉം ഉം തർക്കമുള്ള കാര്യങ്ങളല്ല ആത്മാവ് ജ്ഞാനവും ആനന്ദവും ആകുന്ന എങ്ങനെയെന്നുള്ളതാണ് ആണെങ്കിൽ അതിൽ വരുന്ന പ്രശ്നം എന്താണ് അതിന് സമാധാനം പറയുന്നത് സുഷികളുടെ കാര്യം വരുമ്പോ അതിന് പല അഭിപ്രായങ്ങളുണ്ട് മറ്റൊരു വിഷയം ഇവിടെ ഇപ്പൊ അതിനെക്കുറിച്ചുള്ള ചർച്ച ചെയ്ത് സാക്ഷി ആനന്ദമാണോ ജ്ഞാനമാണോ രണ്ടുമാണ് ജ്ഞാനത്തെ നോക്ക് ജ്ഞാനത്തെക്കുറിച്ച് ബോധം കൊണ്ടോ ഉണ്ട് ഞാൻ കാരണം എൻ്റെ ഉള്ളിലുള്ള അറിഞ്ഞിനെ കുറിച്ച് എനിക്ക് ബോധമുണ്ട് എത്രയേ ഉള്ളൂ എന്നാ ആനന്ദത്തെക്കുറിച്ച് ബോധമുണ്ടോ ആ അങ്ങനെ ബോധമുണ്ട് ാൻ പ്രയാസമാണ് അതുകൊണ്ടാണ് അവിടെ ആവരണത്തെ സ്വീകരിക്കുന്നത് ആത്മാവ് ആനന്ദമാണ് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് അനുഭവപ്പെടുന്നുണ്ട് അപ്പൊ അതിന് മറുപടി പറയുന്നതാണ് അതിന് ആ വിദ്യ ആവരണമുണ്ട് അതുകൊണ്ട് പിന്നെ അതിന്റെ വേറെ വ്യാഖ്യാനം എന്താണ് നമുക്ക് ഈ സുഖം നേരിട്ട് അറിവ് പോലെ ആനന്ദം അനുഭവപ്പെടുന്നില്ലെങ്കിലും നമുക്ക് അനുമാനിക്കാൻ പറ്റുള്ളൊരു സുഖം ഉണ്ടെന്നുള്ള താൻ സുഖസ്വരൂപനാണ് പറയുന്നത് വേയമണയാതെ വിളിക്ക് വേദ ചെയ്യും നിയമമിരുപ്പതുകൊണ്ട് നിത്യമാകും പ്രിയമകമേ പിരിയാതുകൊണ്ട് തന്നെ ക്രിയ ഒരു കേവല ബാഹിനിംഗമാകും കേട്ടിട്ടുണ്ടോ എന്താണ് പറഞ്ഞു ഞാനീ പറഞ്ഞ ഒന്ന് പറഞ്ഞു വേമണയാതെ ഉം ഉം നിത്യോ പ്രിയമകമേ പിരിയാതെ ഇതിനേക്കെറിയ ഒരു അതായത് സുഖത്തിനു വേണ്ടി ബാഹ്യമായി മനുഷ്യൻ പ്രവർത്തിക്കുന്നു നിരന്തരം സുഖത്തെ പ്രാപിക്കാൻ അപ്പോൾ അവനങ്ങനെ ബാഹ്യമായി പ്രവർത്തിക്കുമ്പോൾ അവന് സുഖം കിട്ടുന്നവടെ ഉള്ളിൽ അപ്പോൾ ബാഹ്യമായി പ്രവർത്തിക്കുന്നത് അവൻ ഉള്ളിൽ സുഖം നേടുന്നുണ്ട് അവന്റെ ഉള്ളിൽ ഒരു സുഖത്തിന്റെ ഉറവിടമുണ്ട് ആ സുഖത്തിന്റെ ഉറവിടമാണ് ആത്മാവ് അങ്ങനെ അനുമാനിക്കാൻ പറ്റും അന്ധവിശ്വാസത്തി വേമണയാതെ എനിക്ക് വേല പിന്നെന്താണ് സ്ഥലം ഉടലറ്റ് എനിക്ക് തന്റെ ആത്മാവിനും ഈ വസ്തുവില്ല അന്യം ഉം ബാക്കി ആത്മകഥ പ്രിയം വിടാതെ നിലയിലിരിപ്പതുകൊണ്ട് വ്യക്തി ആത്മാ അതൊക്കെ പറയുന്ന എന്താണ് ഒരു പ്രീതി തന്റെ ഉള്ളിലുണ്ട് പ്രിയവിഷയം പ്രതി ചെയ്തിടും പ്രയത്നം ജീതവും അങ്ങനെ തന്നെ നിൽക്കയാതെ പ്രിയമാ അമ്മയും അപ്രമേയം ഏകാധ്യയം ഇത് താൻ സുഖമാർന്നുടുന്നു ഇതൊക്കെ പറയുന്ന എന്താണ് നമുക്ക് ഉള്ളിൽ സുഖമുണ്ട് എന്നുള്ളതിന് അടയാളമാണ് ഈ പ്രവൃത്തികളാണ് പദ്ധവീതികളും സാറിന് പറഞ്ഞു വരുന്നതാണ് പദ്ധവീതികളുടെ പാരമ്പര്യ രീതിയാണ് ഈ നിരന്തരം സുഖത്തിന് നമ്മളിങ്ങനെ പ്രവർത്തിക്കുന്നതുകൊണ്ട് നമ്മുടെ സ്വരൂപം സുഖമാണ് അതുകൊണ്ടാണ് സുഖത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ എന്തിനു നിരന്തര സുഖത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നു ദുഃഖത്തെ ഒഴിവാക്കാനും ശ്രമിക്കും സുഖത്തെ നേടാനും ശ്രമിക്കും ആത്മസുഖം എന്നുവെച്ചാൽ തന്റെ സുഖം ആ സുഖം തന്റെ സുഖം എന്ന് പറയുന്ന എന്തിന്റെ എന്തിന്റെ സുഖമാണെന്ന് പറഞ്ഞാൽ ഇവിടെ വരും ആത്മസുഖം എന്ന് വെച്ചാൽ തന്റെ സുഖം എന്നുള്ള അർത്ഥമാണ് ആ തന്റെ സുഖം എന്ന് പറയുന്ന എന്താണ് ആത്മസുഖമാണ് ആത്മാവ് സുഖസുരവുമായതുകൊണ്ടാണ് തനിക്കെപ്പോഴും സുഖത്തിന് വേണ്ടി പ്രയോജനത്തിക്കാൻ പോകുന്നത് പക്ഷെ എന്താണ് നേരിട്ടൊരാൾക്ക് ഞാൻ സുഖം ആനന്ദം ഒന്നും അനുഭവിച്ചിരിക്കാൻ പറ്റുന്നില്ല അതാണ് ക്രിയയൊരു കേവല ബാഹ്യലിംഗമാണോ ഇതൊരു ബാഹ്യമായ അടയാളമാണ് ഉള്ളിൽ സുഖൂ എന്നുള്ളത് അപ്പോ എങ്ങനെയാണോ അറിവ് അപരോക്ഷമായിരിക്കുന്നത് അതുപോലെ നമ്മളെപ്പോഴും ആനന്ദത്തെ സാക്ഷാത്കരിച്ചു കൊണ്ടല്ലേ ഇരിക്കുന്നു അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് ആനന്ദത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ട കാര്യമില്ല എപ്പോഴും ഞാൻ ആനന്ദത്തിൽ തന്നെ ഇരുന്നേ അത് പറ്റുന്നില്ല ന്യൂറോസയൻസ് പറയുന്നൊന്നുമല്ല ന്യൂറോ സയൻസ് പറയുന്നത് ഡോപ്പമിൻ സിറോട്ടോണിൻ അൻഡോർഫിൻ ഓക്സിറ്റോസി നാല് പ്രധാനപ്പെട്ട ഹാർമോണുകൾ ഈ നാല് ഹാർമോണുകൾ നമ്മുടെ ബ്രെയിനിൽ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഈ സുഖാനുഭവം മനസിലായി പ്രധാനമേറെ ഉണ്ട് ഒരുപാട് അത് ഓരോ ഹാർമോണും ഓരോ തരത്തിലുള്ള സുഖത്തിന് കാരണമായിട്ടുണ്ട് ഓരോ തരത്തിലുള്ള സുഖത്തിന് പലതരത്തിലും സുഖം ഉണ്ടാകുന്നുണ്ട് ഓരോ തരത്തിലുള്ള സുഖത്തിന് ഓരോ തരത്തിലുള്ള ഹാർമോൺ കാരണമായി തീരുന്നു എന്ന് പറയുമ്പോൾ അത് എവിടെ പോകും പരിണാമശാസ്ത്രവുമായി ബന്ധപ്പെട്ടു അപ്പോ ഈ പരിണാമം ജീവപരിണാമം ഇങ്ങനെ മുമ്പോട്ട് നടന്നു പോകുന്ന ജീവപരിണാമെന്ന് പറയുമ്പോൾ അതൊരു വ്യക്തിയിൽ നടക്കുന്നതെല്ലാം തലമുറകളിലൂടെ മാറി മാറി തലമുറകളിലേക്ക് മാറി മാറി പോവുകയാണ് പരിണാമം അങ്ങനെ തലമുറകളിലേക്ക് ഇത് കൈമാറ്റം ചെയ്യപ്പെടണമെങ്കിൽ എന്തുവേണം അവിടെ ഈ സുഖം വേണം സുഖം എന്ന് പറയുന്ന ഇത് വേണം അത് ഹാർമോണുകളെ സുഖത്തെ ഉത്പാദിപ്പിച്ചുകൊണ്ടിരുന്നാലേ എന്തുവരും സന്താനോത്പാദനം നടക്കും ആ സന്താനോൽപാദനത്തിലൂടെയാണ് പരിണാമം സംഭവിക്കുന്നത് അപ്പോൾ അതിനെ പരിണാമശാസ്ത്രത്തിൽ നോക്കുമ്പോൾ ഇതെല്ലാം പോകും അവിടെ അവരെല്ലാം തികച്ചും ഭൗതികമായിട്ടാണ് ഇതെല്ലാം ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഹാർമോണുകളെല്ലാം പ്രവർത്തിക്കുന്ന ബ്രെയിനിലാണ് അത് പലയിടത്തും പല രീതിയിലാണ് ബൈസെക്ച്വൽ ആയിട്ടുള്ളത് ആണും പെണ്ണും ഇണചേർന്ന് സന്താനങ്ങളോ ഉണ്ടാക്കുന്നിടത്തെല്ലാം ഈ ഹാർമോണുകൾ പ്രവർത്തിക്കുന്നുകൊണ്ടാണ് അത് സംഭവിക്കുന്നത് സുഖം ഉള്ളതുകൊണ്ടാണോ ആ പ്രവൃത്തി കണക്കുന്നത് സന്താനം ഉണ്ടാവും അപ്പോൾ പരിണാമത്തിന് ഈ ഹാർമോണുകൾ പ്രവർത്തിക്കുന്നു അവിടെ ആത്മാവിനൊന്നും ഒരു സ്ഥാനമില്ല പക്ഷേ തത്വചിന്തയെ സംബന്ധിച്ച് ഈ സുഖമൊക്കെ എവിടെയിരിക്കുന്നു ആത്മാവിലിരിക്കുന്നു മറ്റതും തന്നെ തന്നെയാണ് പക്ഷെ തന്റെ ബ്രെയിനിലന്നെയാണ് മറ്റങ്ങനെയല്ല ആത്മാവ് റിവാകുന്ന ആത്മാവിൽ തന്നെ ആനന്ദം ഇരിക്കുന്നു ആനന്ദസ്വരൂപമാണ് ഇനി അദ്വൈതകളിൽ തന്നെ ആത്മാവിന് ആനന്ദ സ്വരൂപമായി സ്വീകരിക്കാത്തവരുമാണ് അറിവ് എന്ന് വെച്ചാൽ നിർഗുണമാണ് അപ്പൊ നമ്മൾ ഈ പറയുന്ന ഈ ആനന്ദം നമ്മളെ അനുഭവിക്കുന്ന ആനന്ദമായിട്ടൊന്നും അതിനൊരു ബന്ധമുണ്ട് അത് വേറെ കാര്യ അപരോക്ഷം എന്ന് പറയുന്നത് അറിവിന്റെ അപരോക്ഷത്വം എന്ന് പറയുന്നു അറിവ് വിഷയമുണ്ടാവെന്ന് പറയുന്നു സ്വയം അറിവ് പ്രകാശിക്കുന്നു പറയും അറിവ് അറിവായിരിക്കുന്നു എന്ന് പറയും അറിവിന് അറിവിന്റെ ആവശ്യമില്ല വെളിച്ചത്തിന് മറ്റൊരു വെളിച്ചം വേണ്ട എന്നുള്ള രീതി അപ്പൊ ഈ ആനന്ദം എന്ന് പറയുന്നത് ഒരു വിവാദ വിഷയമാണ് അദ്വൈതത്തിൽ തന്നെ അറിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരി അറിവ് ആണ് അത് കാരണം ഈ അറിവിനെ കുറിച്ച് ഭൗതികമായും കൂടുതലൊന്നും ആർക്കും വ്യാഖ്യാനിക്കാൻ പറ്റുന്നില്ല അതെങ്ങനെയാ സംഭവിക്കുന്നത് അതിനെ കുറിച്ച് കൂടുതലൊന്നും ആൾക്കാർക്ക് വിശദീകരിക്കാൻ ഇന്നും കഴിയുന്നില്ല അദ്വൈതിയുടെ പഴയ നിലപാടറിവ് അതാണ് ആത്മാവ് പക്ഷെ അഭയ പറയുന്നിടത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി എന്താണ് ഈ അറിവ് ആത്മാവ് എന്ന് പറയുമ്പം നമ്മളേലോ കൂടി ചിന്തിക്കുകയും പറയുകയും അനുഭവിക്കുന്നു എന്നൊക്കെ പറയുന്നിടത്തല്ല അവിദ്യയെ കൂടെ സ്വീകരിച്ചാലേ കാര്യങ്ങൾ നടത്തും അവിദ്യാരഹിതമായ ഒരു അറിവ് എന്ന് പറയുന്നത് വിദ്യാരഹിതമായിരിക്കുന്ന നിരുപാധികമായൊരു അറിവെന്ന് പറയുന്നത് അതിനൊരു സിദ്ധാന്തമായി അംഗീകരിച്ചിരിക്കുകയാണ് അങ്ങനെ ഒന്ന് വേണം അങ്ങനെ ഒന്ന് ഉണ്ടായാലേ ഈ നമ്മുടെ ഈ അറിവ് ഇപ്പോഴത്തെ ഈ അറിവുണ്ടാകത്തു ഇവിടെ ഇപ്പൊ പറഞ്ഞു വരുന്നു അതാണ് അഹംപ്രതി അസ്മത്പറിയും ഞാനെന്ന് പറയുന്നത് ഈ ബോധം ഈ ഞാനെന്ന് പറയുന്നത് ഈ ബോധമാണോ ആത്മാവെന്ന് ചോദിച്ചാൽ എന്ന് പറയാം എന്തുകൊണ്ട് െന്ന് പറയുന്ന ബോധം ആ നിരുപാധികമായ അറിവിനോട് അവിദ്യ ചേരുമ്പോണ്ടാവുന്നതാണ് അപ്പോൾ അതിലാ ബോധം എന്ന് പറയുന്നൊരംശത്ത് എന്ന് പറയുന്നത് അവിദ്യയെ മാറ്റിക്കഴിഞ്ഞാൽ അത് തന്നെ ആത്മാവ് അവിദ്യയെ കൂട്ടിച്ചേർത്താലോ അതിന് ശുദ്ധമായ ആത്മാവെന്ന് പറയാൻ പറ്റില്ല കലർപ്പ് വന്നു കഴിഞ്ഞു അപ്പോൾ കലർപ്പുള്ള ഒരു ആത്മാവ് കലർപ്പില്ലാത്ത ആത്മാവ് രണ്ട് ആത്മാവിനെ സ്വീകരിക്കും കലർപ്പില്ലാത്ത ഒരു ആത്മാവിനെ സ്വീകരിച്ചാലേ കലർപ്പുള്ള ഒരു ആത്മാവിനെ സ്വീകരിക്കാൻ പറ്റും ഈ കലർപ്പില്ലാത്ത ആത്മാവെന്ന് പറയുന്നതാണ് നിർമ്മൂലമായ ശുദ്ധമായ ആത്മാവ് അങ്ങനെ ഒന്നുണ്ട് എന്നുള്ളതിന് നിങ്ങള് എങ്ങനെയാണ് സമർത്ഥിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്വൈതിക്ക് ഇത്രേയുള്ള ഉത്തരവ് എന്താണ് അങ്ങനെ ഒരു ആത്മാവിനെ സ്വീകരിച്ചാല് അദ്വൈത ശരിയാവുംപാധികമായ ആത്മാവിനെ സ്വീകരിച്ചു കഴിഞ്ഞാല് ബാക്കിയുള്ള എല്ലാ സിദ്ധാന്തങ്ങളും ശരിയാവും അതുകൊണ്ട് അഗത്യ വേറെ ഒരു ഗതി ഇല്ലാത്തോണ്ട് എന്ത് ചെയ്യുന്നു നിരുപാധികമായ ഒരറിവുണ്ടെന്ന് സ്വീകരിക്കും നിങ്ങളുടെ അനുഭവത്തിൽ അങ്ങനെ ഒരു അറിവുണ്ടോ എന്ന് ചോദിച്ചാ ഇല്ല ആരുടെയും അനുഭവത്തിൽ നിരുപാധികമായ അറിവ് ഇല്ല ഈ ഉള്ള അറിവിന് അദ്വൈതി എന്താ പറയുന്നത് സ്വാഭാവികമായ അറിവ് ഇനി അറിവിനെ സാക്ഷാത്കരിക്കുമ്പോൾ നിരുപാധികമായ അറിയാൻ പറ്റുമോ അത് വിവരണകാരം പറയുന്ന അറിയാൻ പറ്റുമെന്ന് നിരുപാധികമായ ഒരറിവിനെ അറിയാൻ പറ്റും വാചസ്പതി മിശ്രി ഈ അദ്ദേഹം പറയും അതൊരിക്കലും നടക്കുന്ന കാര്യം എന്തുകൊണ്ട് നിങ്ങൾ നിരുപാധികമായ അറിവിനെ അറിയാൻ ശ്രമിക്കുമ്പോ നിങ്ങളറിയുന്നു പറയുമ്പോൾ നിങ്ങളുടെ അറിവ് തന്നെ അതിന് ഉപാധിയായി നിങ്ങൾ പറയുന്ന അഖണ്ഡാകാരവൃത്തി ബ്രഹ്മാകാര വൃത്തി തന്നെ എന്തായിത്തീരും അറിവിന് ഉപാധിയായാലേ അതിനെ അറിയാൻ പറ്റും നിങ്ങളുടെ അഭിണ്ടാകാര വൃത്തി നശു കഴിഞ്ഞാലോ പിന്നെ ആ അറിയുന്നില്ല പിന്നെ നിങ്ങൾ പറയണ നശിച്ചുകഴിഞ്ഞാൽ അവിടെ നിരുപാധികമായ അറിവ് ശേഷിക്കുള്ളൂ അതിനപ്പം അറിയാൻ ഉണ്ടോ ഇല്ല അതാണ് പറയുന്ന ഈ അറിവിനെ ഇനി അറിയാനും അറിവില്ല നിരുപാധികമായ അതിന് പിന്നെ അത് ഉണ്ടെന്ന് നിങ്ങൾ എന്തുകൊണ്ട് പറയുന്നു അദ്വൈതി എന്തുകൊണ്ട് പറയുന്നു നിരുപാധികമായ ഒരു അറിവുണ്ടെന്ന് എന്തുകൊണ്ട് പറയുന്നു അത് അദ്വൈതി പറയുന്നു ഇങ്ങനെ ഒരു അറിവുണ്ടാകണോ ഏത് നമ്മുടെ ഇന്നത്തെ അറിവും ഇതിന്റെ പിന്നിൽ നിരുപാധികമായ ഒരറിവും അവിദ്യ ഉണ്ടായാലും ഈ അറിവുണ്ടാവും എന്നുള്ള ഒരു സിദ്ധാന്തമാണ് സിദ്ധാന്തത്തിൽ പറയുന്നത് അല്ലാതെ നിരുപാധികമായ ഒരു അറിവിന് സമർത്ഥിക്കുന്നതിന് അദ്വൈതിയുടെ അതി യാതൊന്നുമില്ല ഇപ്പോ അതെന്താണ് അത് അറിവിനും വാക്കിനും ഒന്നും വിഷയമില്ലാത്ത ഒന്നാണ് അറിവിനും വാക്കിനും ഒന്നും വിഷയമില്ലാത്ത അങ്ങനെ ഒന്നും നിലനിൽക്കുന്നുണ്ട് എന്ന് അദ്വൈതി പറയുന്നത് അത് ഞങ്ങളുടെ മനസ്സുകൊണ്ട് അറിയാൻ പറ്റില്ല വാക്കുകൊണ്ടും പറയാൻ പറ്റില്ല അങ്ങനെ ഒരു നിരുപാധിയുമായ അറിവുണ്ട് അവിദ്യയുടെ ഈ അറിവുണ്ടാവും ഇപ്പൊ സാക്ഷാത്കാരം വരെ ഉള്ളതെല്ലാം സ്വാഭാവികമായ അറിവെന്ന് സ്വീകരിച്ച് പറ്റും അത് കഴിഞ്ഞാൽ നിർബാധികമായ അറിവ് ശേഷിക്കും ആ അറിവാണ് ശരിക്കും മുക്തി എന്ന് പറയുന്നത് ആ അറിവിന്റെ സ്വരൂപമാണ് ഇതൊക്കെ അദ്വൈതത്തിന്റെ സിദ്ധാന്തമായി നിൽക്കുന്ന കാര്യങ്ങളാണ് ഇത് ഒരു രീതിയിലും അദ്വൈതിക്ക് തെളിയിക്കാൻ പറ്റുന്നത് ഇങ്ങനെ ഒരു യുക്തി പറയാനേ പറ്റൂ തെളിയിക്കുകയെന്ന് പറയുന്നൊരു പ്രശ്നമില്ല ഇവിടെ യുക്തിയിലൂടെ ഒരു പരിധിവരെ സമർത്ഥിക്കുക അത്ര അപ്പൊ പിന്നെന്തെയ്യുന്നു നിരുപാധികമായ ഒരറിവുണ്ടെന്ന് അദ്വൈതി വിശ്വസിക്കുന്നു അതാണ് അവസാനം അവിടെ എത്തിച്ചേരും നിരുപാധികമായ ഒരു അറിവ് ഉണ്ട് എന്നുള്ള അദ്വൈതിയുടെ ഒരു വിശ്വാസമാണ് ആ വിശ്വാസത്തെ അജ്ഞാന സംശയം ഇല്ലാതെ ഒരാളെ ബോധിക്കണം അങ്ങനെ ഉണ്ടെന്ന് ആ വിശ്വാസത്തെ ബോധിക്കുക അങ്ങനെ ഉണ്ടെന്ന് ഉണ്ടെന്ന് ഉറപ്പിക്കുക അതിലൊരു സംശയം വരാൻ പാടില്ല പിന്നെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പഴയകാലത്ത് അന്നത്തെ കാലത്ത് ആൾക്കാർ ഇതൊന്നും സ്വീകരിക്കില്ല ഇന്നത്തെ കാലത്തല്ല ഈ അദ്വൈതമൊക്കെ അവതരിപ്പിക്കുന്ന കാലം അപ്പോൾ മറ്റുള്ളവരുടെ അംഗീകരിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞ് ഇതെല്ലാം വേദത്തിലുണ്ട് ഞങ്ങൾ പറയുന്ന എല്ലാ കാര്യങ്ങളും വേദത്തിലുണ്ട് വേദത്തിലൂടെ അത് വേദത്തെ വ്യാഖ്യാനിച്ച് കാണിച്ചു തരും ഇതാണ് അദ്വൈതത്തിന്റെ പോക്കിങ്ങനെയാണ് അദ്വൈതം പോകുന്നത് ഈ വഴിക്കാണ് വേദത്തിലുള്ള കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങളത് വ്യക്തമായി വ്യാഖ്യാനിച്ചു അല്ലാതെ നിർബാധികമായ അറിവ് എന്ന് പറയുന്നതിനെ സമർത്ഥിക്കാൻ അദ്വൈതയുടെ കയ്യിൽ യാതൊന്നുമില്ല ബുദ്ധി പ്രവർത്തിക്കാത്ത ഒന്നിനെങ്ങനെ സമർത്ഥിക്കും അത് ശൂന്യതയെ സമർത്ഥിക്കുന്ന പോലെയൊക്കെയാണ് ശൂന്യം എന്ന് പറയുമ്പോഴാണ് എന്താ ചോദ്യം ശൂന്യെന്ന് പറയാനുള്ള എല്ലാ മനുഷ്യനും എന്തെങ്കിലും ശൂന്യെന്ന് പറഞ്ഞാൽ ശൂന്യതയെ നമുക്ക് സങ്കല്പിക്കാൻ പറ്റില്ല എന്തുകൊണ്ട് സങ്കല്പിക്കുമ്പോ എന്തെങ്കിലും അവിടെ കിടന്നു വരും ശൂന്യതയെ കുറിച്ചുള്ള സങ്കല്പം കരുതി പിന്നെ എന്ന് പറഞ്ഞാൽ ആകാശം കുസുമെന്ന് പറയുമ്പോ നമുക്ക് ആകാശവും കുസുമുണ്ട് അങ്ങനെ ചേർക്കുന്നിടത്തേ ഉള്ളൂ പ്രയാസം രണ്ടും കൂടെ ചേരുന്നില്ലെന്നേ ഉള്ളൂ പക്ഷെ ആകാശം സങ്കല്പം ഉണ്ട് കുസുമെന്നുള്ളത് കൊണ്ട് ആകാശത്ത് കുസുമത്തെ കൊണ്ട് ഫിറ്റ് ചെയ്യുമ്പോഴാണ് പ്രയാസം അവിടെയാണ് ബുദ്ധിമുട്ട് വരുന്നത് അവിടെ നമ്മൾ അനുഭവിക്കുന്നത് എന്താണ് ഒരു വൈരുദ്ധ്യം ഡൈക്കോട്ടം ആകാശത്തിൽ കുസുമിരിക്കസുമത്തിന്റെ ചുവട്ടിൽ ആകാശം ഇരിക്കത്തില്ല ഇവിടെ അങ്ങനല്ല സങ്കല്പിക്കാനേ പറ്റി ബ്രഹ്മത്തെ സങ്കല്പിക്കാൻ പറ്റി എന്തായാലും അങ്ങനെ ഒന്നുണ്ട് ഇതാണ് ഉപയോഗിക്കുന്നത് നിലപാട് അങ്ങനെയൊന്നുണ്ട് അത് കിട്ടിയത് ബൗദ്ധന്മാരുടെ ശൂന്യവാദത്തിൽ നിന്നാണ് വിചാരിച്ചു ശൂന്യവാദമല്ല അതിനെ ഒരു കുറച്ച് മാറ്റം വരും അതിനെ മോഡിഫൈ ചെയ്തു അതുകൊണ്ടിവിടെ പറയുന്നത് എന്താണ് ആനന്ദത്തെ കുറിച്ച് വരുമ്പോൾ ഇങ്ങനെ ഒരു എന്താണ് ഒരു അഴവഴമ്പ ഏർപ്പാടെ പറ്റും അല്ല കൃത്യമായി തന്നെ ഒരു ഉത്തരം പറയുക എന്ന് പറയുന്ന പ്രയാസമുള്ള കാര്യമാണ് അതാണ് അഗ്രഹീത ആ ഭാന്തി എന്ന് വെച്ച ഗ്രഹീത എന്ന ഭാന്തി അനുഭവപ്പെടുന്നില്ല വാക്കുകളെ തന്നെ ഉപയോഗിക്കുന്നു നേരിട്ടൊന്നും പറയാൻ പറ്റില്ല ആഗ്രഹീത ഇവ ആ ഭാന്തി ഗ്രഹിക്കാൻ വയ്യാത്തതുപോലെ തോന്നുന്നു ആഗ്രഹിക്കുന്നില്ല അത്ര ഇതിനെ ആനന്ദത്തിൽ എന്താ വെച്ചാൽ ആത്മനോ ബുദ്ധിയാതിഭ്യൂ ഭേദ താത്വിക നേരത്തെ പറഞ്ഞല്ലോ അവിദ്യകൊണ്ട് കല്പിച്ചതാണ് ബുദ്ധിയും മറ്റ് അപ്പോ ആത്മാവിൽ നിന്നും ബുദ്ധിക്കുള്ള ആ ഭേദം താത്വികമല്ല താത്വികമായ എന്താ അഭ്യൂമിച്ച സത്യമുണ്ട് യഥാർത്ഥമുണ്ട് യഥാർത്ഥമാണെങ്കി എന്താണോ ഇപ്പൊ മേശയിൽ നിന്ന് ഈ പാത്രത്തിലുള്ള ഭേദം എനിക്കറിയാം മേശയിൽ പാത്രത്തിലുള്ള ഭേദം എനിക്കറിയാന്നുള്ളത് മേശ അറിയുമ്പോ മേശയിൽ നിന്നുള്ള ഭേദത്തെ അറിയുമ്പോൾ പാത്രത്തെ അറിയും എന്തുകൊണ്ട് ഇതിന്റെ ഭേദം എന്ന് പറയുന്ന യഥാർത്ഥ ഭേദമാണുള്ളത് അപ്പോ ഒന്നിൽ നിന്ന് മറ്റൊന്നിന്റെ ഭേദത്തെ ഞാൻ അറിയുമ്പോ രണ്ടിനെയറിയും മനസിലാവും ഒന്നിൽ നിന്ന് മറ്റൊന്നിന്റെ ഭേദത്തെ ഞാൻ അറിയും രണ്ടിനെയറിയും ആനയും കുതിരയും തമ്മിലുള്ള ഭേദം എനിക്കറിയാം എന്ന് വെച്ചാൽ എനിക്ക് ആനയും അറിയാൻ കുതിരറിയും രണ്ടിനെ അറിഞ്ഞാൽ എനിക്ക് ആ ഭേദത്തെ അറിയാൻ പറ്റും യഥാർത്ഥം യഥാർത്ഥം വാസ്തവം സത്യമല്ല അതായത് ആനയും കുതിരയും തമ്മിലുള്ള ഭേദം സത്യമാണ് അതുപോലെ ആത്മാവും ബുദ്ധിയും തമ്മിലുള്ള ഭേദം സത്യമല്ല മനസ്സിലായോ അണുപറയുന്നത് എന്നുവച്ചാ ആത്മനോ ആത്മാവനെ ബുദ്ധ്യാദിപ്യോ ഭേദ ബുദ്ധ്യാദികളിൽ നിന്നുള്ള ഭേദം എന്ന താത്വികത സത്യമല്ല പറയുന്നത് ഏന ചിതാന്മനി ഗൃഹ്യമാണ് സ്വാഭിഗൃഹീതു ഭവയേ ം ചൈതന്യം അത് തമ്മില് ഭേദമില്ല ഒന്നാണ് അതുകൊണ്ടാണ് നേരത്ത് പറഞ്ഞിതേതരസ് ചിത് രൂപത്തിലത് അനുഭവപ്പെടുന്നു എല്ലാ ഒന്ന് തന്നെ എന്നാൽ ആത്മാവും ബുദ്ധിയും അതിതുപോലെ ഒന്നല്ല ഭിന്നമാണെന്നാണ് പറയുന്നത് എന്നാൽ എന്ന് പറയുന്നു ആത്മാവിൽ നിന്ന് ബുദ്ധിക്കുള്ള ആ ഭേദം താത്വികമല്ലാതെ ആ ആണ് ഈ ഭേദം നിൽക്കുന്നത് ഭേദം എന്ന് പറയുന്നത് മിഥ്യയാണ് ആത്മാവും ബുദ്ധിയും തമ്മിലുള്ള ഭേദവും മിഥ്യയാണ് ആത്മാവ് ശരീരവും തമ്മിലുള്ള ഭേദവും മിഥ്യയാണ് ഇതങ്ങോട് പറയുന്നു ഭേദം സത്യമായിരുന്നെങ്കിൽ ഏന എന്നു വെച്ചാൽ ഭേദം സത്യമായിരുന്നെങ്കിൽ ചിതാത്മന് ഗ്രഹ്യമാണേ സ്വാഭിഗ്രഹീതോ ഭോ അങ്ങനെയാണെങ്കിൽ ചിതാത്മാവിനെ ഗ്രഹിക്കുമ്പം ബുദ്ധിയും ഗ്രഹിച്ചത് ആനയും കുതിരയും തമ്മിലുള്ള ഭേദം സത്യമാണ് ആനയെ മനസ്സിലാക്കുമ്പോൾ കുതിരയും മനസ്സിലാക്കാം എന്തോ കുതിരയിൽ നിന്ന് ആന അങ്ങനെ മനസ്സിലാക്കാം ആനയിൽ നിന്ന് വേറെയാണ് കുതിര അങ്ങനെ മനസ്സിലാക്കുന്നത് രണ്ടും തമ്മിലുള്ള ഭേദം സത്യമാണ് ഇവിടെ രണ്ടും തമ്മിലെ ഭേദമെന്ന് പറയുന്നത് മിഥ്യയാണ് അതുകൊണ്ട് എന്താണ് ചിതാത്മാവിനെ ഗ്രഹിക്കുമ്പോൾ ബുദ്ധിയാദികളെ ഗ്രഹിക്കാൻ കഴിയത്തില്ല അത് വിശദീകരിക്കുന്നു ബുദ്ധിയാദീനാം അണിർവാചിത്വനാ ബുദ്ധിയാദികളെല്ലാം മിഥ്യയാണ് തദ്ദസ അനിർവാച്യുദ്ധിഭേദം ആത്മാവും ബുദ്ധിയും തമ്മിലുള്ള ഭേദവും എന്താണ് അനിർവാച്യമാണ് ഭേദവും മിഥ്യാണ് എന്ന് പറഞ്ഞാ ഇവിടെ പറഞ്ഞു വരുന്നത് എന്താണോ ആത്മാവും ബുദ്ധിയാദികളും നമുക്ക് താതാത്മ്യമായിട്ടാണ് അനുഭവപ്പെടുന്നു അതാണ് ഈ പറഞ്ഞു വരുന്നത് അതിനാണ് അധ്യാസം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് നമുക്ക് ഇതിനൊന്നും വേള് തിരിച്ചറിയാൻ വയ്യാതിരുന്നത് നമ്മൾ താതാത്മ്യമായി അനുഭവിച്ചു കൊണ്ടിരുന്നത് ഇത് പറയാനാണിത് അധ്യാസത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്